അമൃതമത്തിന് ശേഷം വരുന്ന് ഉപാഖ്യാനമാണ് വാമനചരിത്രം അമൃതം കുറിച്ച് ദേവന്മാർ ശക്തന്മാരായി അസുരന്മാരോട് യുദ്ധം തുടങ്ങി ഇവർ തമ്മിൽ എപ്പോഴും അടിപിടിയാണ് ദേവാസുര സംഗീത്താസന് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നടക്കേണ്ടത് ദേവേന്ദ്രൻ അമൃതപാനം ചെയ്ത് അസുരന്മാരുടെ യുദ്ധത്തിന് പുറപ്പെട്ടു പക്ഷെ എന്താപ്പോന്ന് വെച്ചാൽ ശക്രേണ സംഹതി ഹതോപി ബലിർ മഹാത്മാ ശുക്രേണ ജീവിത തനുഹോ ക്രതുവർദ്ധിതൂഷ്മ ഇന്ദ്രൻ അസുരന്മാരെയൊക്കെ വധിച്ച് ദേവന്മാർ ജയിച്ചു എന്ന് പറഞ്ഞ് പോവും ഈ മരിച്ചെടുക്കുന്ന അസുരന്മാരെയൊക്കെ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുപോകും കുറച്ചു കഴിഞ്ഞാൽ നടന്നു വരും പോയതൊക്കെ നടന്നു വരും തുടങ്ങി വെച്ചു മരിച്ച വരവൊക്കെ എഴുന്നേപ്പിച്ചു ഇറങ്ങി പോരാളെ അഴപ്പി വിട്ടുവിടാ എത്ര എത്ര നാളെ വധം പണ്ടത് തൂങ്ങിനാലേ ഫ്രഷാ ഇല്ലാ സെറ്റ് പോയി വന്ന എപ്പടിമോ ചെയ്യാതെ അതായത് ഇവള ശാഖരത്തിക്ക് വരെ രൊമ്പ ആശപ്പെടാണോ ഇരിക്കുന്ന അസുരണ അവയിക്കരുത് ദേവന്മാർക്ക് അസുരന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ വയ്യാന്നുള്ള മഠായി കുറെ കഴിഞ്ഞു ദേവന്മാരുടെ ശക്തി വീണ്ടും ശയിക്കാൻ തുടങ്ങി ദേവഗുരുവായ ബൃഹസ്പതിയോട് ചെന്ന് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ ഈ മഹാബലിയുടെ ബലം അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ആ തേജസ് കൊണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു ബൃഹസ്പതി പറഞ്ഞു ശുക്രാചാര്യർ മഹാബലിക്ക് ബ്രഹ്മോപദേശം ചെയ്തിട്ടുണ്ട് ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും മഹാബലിക്ക് അറിയാം അവന് അഹങ്കാരം ഉണ്ടാവണില്ല ശിഷ്യായു ഉപപ്രദം തേജാ ഭൃഗുഭി ബ്രഹ്മവാദിഭി ഭൃഗു ബ്രഹ്മവാദിയാണ് അദ്ദേഹം ശിഷ്യന് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാബലിയും ഇന്ദ്രനോട് പറഞ്ഞു കൊടുത്തു ഇന്ദ്രൻ മഹാബലിയെ കുറെ ചീത്ത വിളിച്ചു കണ്ടില്ലേ എൻ്റെ ബലം എന്ന് പറഞ്ഞു ഇന്ദ്രൻ അമൃത് കുടിച്ചതിൻ്റെ ബലം മഹാബലി പറഞ്ഞു ഇന്ദ്ര അഹങ്കരിക്കേണ്ട ഇങ്ങനെ വർത്തമാനം പറയുകയാണെങ്കിൽ ഞാൻ എത്ര പറയണമായിരുന്നു ഇതിനു മുമ്പ് ഈ ജയം പരാജയം മൃത്യു ജീവിതം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇതിന് പുറകിലുള്ള കാലത്തിൻ്റെ ആ സൂക്ഷ്മമായ ചരട് അറിവുള്ളവർ കാണുന്നു തത്ര യൂയം അപണ്ഡിതാഹ ആ വിഷയത്തിൽ നിങ്ങൾക്ക് വിവരമില്ല അതുകൊണ്ടാണ് ഈ അഹങ്കാരം വരുന്നത് കുറച്ചു നമ്മൾ ജയിക്കും കുറച്ചു നിങ്ങൾ ജയിക്കും ഇതൊക്കെ വെറും ഒരു കളി ഇതിലൊന്നും അഭിമാനിക്കാനില്ല എന്ന് മഹാബലി പറഞ്ഞതാ അപ്പൊ ഈ അറിവൊക്കെ ഉണ്ട് മഹാബലിക്ക് അതുകൊണ്ട് തന്നെ മഹാബലിയെ ജയിക്കാൻ വിഷമാണ് ദേവന്മാർ ചോദിച്ചു ബൃഹസ്പതിയോട് ഞങ്ങൾക്ക് അങ്ങും വലുതും ഉപദേശിച്ചു തരും ശുക്രാചാര്യർ അവർക്ക് എന്തൊക്കെയോ ചെയ്ത് കൊടുക്കണം അങ്ങ് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം തൽക്കാലത്തേക്ക് താടിയുള്ളവർ താടി മേടിക്കാം തലമുടിയുള്ളവർ മുട്ടയടിക്കാം ധാരാളം തലമുടിയുള്ളവർ മുട്ടയടിക്കാം മുട്ടയടിച്ചവര് വിഗ് വാങ്ങിവയ്ക്കാം വെളുത്ത രൂപമുള്ളവർ കറുത്ത പെയിന്റ് അടിക്കുക കറുത്ത ആളുകൾ വെളുത്ത പെയിന്റ് അടിക്കുക കണ്ടാൽ മനസ്സിലാവരുത് എവിടെയെങ്കിലും ഒക്കെ ഒളിഞ്ഞ് വേഷന്മാരെ താമസിക്കാം ഇതിനാണപ്പോ ഗുരു എന്ത് പറഞ്ഞ ബൃഹസ്പതി പറഞ്ഞു നിവൃത്തിയൊന്നുമില്ല അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് നല്ല കാലം വരണവരെ ഒളിഞ്ഞു താമസിച്ചോളൂ എന്ന് പറഞ്ഞത് ദേവന്മാര് ഒളിവിലായി അതിഥി കുറെയായി തന്റെ മക്കളെ ഒന്നും കാണാനില്ല വിഷമത്തിലായി കശ്യപ്രജാപതി ഭർത്താവിനോട് പറയാന്ന് വെച്ചാൽ അദ്ദേഹം എവിടെയോ ഹിമവത് സാനുവിൽ ഏതോ ഗുഹയില് സമാധിസ്ഥിതിയിലിരിക്കാം എപ്പോഴെങ്കിലുമൊക്കെ സമാധി വിട്ടുണരുമ്പോ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരും തന്റെ വീട് എവിടെയാണെന്ന് ആ വീട് പോലും മറന്നു പോയിണ്ടാവും തിരിച്ചു വരുമ്പോ എന്നിട്ട് എന്റെ കുടുംബത്തിന്റെ ആ കാര്യം അങ്ങനെ ഇരുന്ന കുടുംബത്തിലൊക്കെ സമാധാനമായിട്ട് ഇരിക്കാം എന്നാണ് കശ്യപ പ്രജാപതിയുടെ സിദ്ധാന്തം ഒന്നും ചോദിക്കാൻ പാടില്ല അത്രേ കാര്യങ്ങളൊക്കെ നടക്കും ബഹളം നടക്കുന്ന നല്ലത് നടക്കും ചീത്ത നടക്കും ഒന്നും അറിയാൻ പാടില്ല എന്നാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വന്നു അദ്ദേഹം വീട്ടിലേക്ക് വരണ കണ്ട ആരുടെങ്കിലും ഒക്കെ വീട് മട്ടാണ് വന്നിട്ട് അതിഥിയോട് ചോദിച്ചു ഒക്കെ സുഖമല്ലേ ഭാര്യയോട് ചോദിക്കുകയാണോ ഭർത്താവ് അല്ല സുഖമല്ലേ ഗൃഹേഷു അതിഥി വത് ഭസയത്ത് ചൊല്ലാണ് വീട്ടില് ഒരു അതിഥി ഗസ്റ്റ് വന്നാൽ എങ്ങനെ താമസിക്കും അതുപോലെ താമസിച്ചിട്ട് പോവാന്നാണ് അതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഏർപ്പാട് വന്നൊക്കെ സുഖമല്ലേ എന്താ ഇവിടെ നിരുത്സവം നിരാനന്ദം ഒരു ഉത്സവ പ്രതീതി ഇല്ല ആനന്ദമില്ല എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അതിഥി പറഞ്ഞു ഭഗവാനീ അതിഥി പൂജ ചെയ്യാത്ത വീടുകൾ അങ്ങനെ ഉണ്ടാവും അത്ര കശ്യപ്രജാപതി പറയാ അതിഥികളെ വന്നു കഴിഞ്ഞാൽ ഓ എന്തിനാണ് അപ്പാ വന്നത് ഈ അതിഥികൾക്കും തോന്നുക അവരുടെ മുഖവും അങ്ങനെയാണ് ഞങ്ങൾ സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ നിങ്ങൾ വരണത് എന്നുള്ള ചിലരുടെ ഭാവം പറഞ്ഞിട്ട് വന്നൂടിയോ പറഞ്ഞിട്ട് വന്ന അതിഥി ആവില്ല തിഥി ഇല്ലാതെ വരുന്ന ആളാണ് അതിഥി നേരത്തെ കൂട്ടി പറയാതെ വരുന്ന ആളാണ് അപ്പൊ അതിഥി സത്കാരം അറ്റ്ലീസ്റ്റ് അതിഥികൾ വരുമ്പോ ഒരു ഗ്ലാസ് ജലമെങ്കിലും കൊണ്ടു കൊടുക്കണം എന്നാണ് അതുകൊണ്ട് ഈ ഇന്ത്യയിലൊക്കെ ആദ്യം ജലം കൊണ്ടു കൊടുക്കും ഒരു സംസ്കാരം അങ്ങനെ അർച്ചിട്ടില്ലെങ്കിൽ േരുരാജഗൃഹോപമാ കുറുക്കന്റെ പോലെയായി പോകും വീട് എന്നാണ് അത് വീടല്ല കുറുക്കന്റെ പോടാണെന്നാണ് പറയുന്നത് പക്ഷെ അതിഥി പറഞ്ഞു ഇവിടെ അതിഥി സത്കാരമൊക്കെ ചെയ്യണുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് ഒരേ വിഷമം എന്റെ മക്കളൊക്കെ വിഷമിക്കണോ മക്കളൊക്കെ സ്ഥാനം നഷ്ടപ്പെട്ട് എവിടെയാണേ പിടിയില്ല ആരൊക്കെയോ വരണോ വീട്ടിൽ വന്ന് ഊണ് വെച്ചിട്ട് പോകേണ്ട ഇത് ഇന്ദ്രനാണോ ചന്ദ്രനാണോ ഒരു പിടിയും ഇല്ല കണ്ടാ മനസ്സിലാവണില്ല കശ്യപ്രജാപതി പറഞ്ഞു ആര് മക്കള് ആരമ്മ ആരച്ഛൻ കശ്യക്കെ പതിപുത്രാധ്യാഹ മോഹയേവ ഹി കാരണം ഒരേ ഒരു ആത്മവസ്തുവുണ്ട് ആ ആത്മാവനെ ഇത് അമ്മ ഞാൻ അമ്മ അത് അച്ഛൻ ഇങ്ങനെയൊക്കെ ഈ ഭേദബുദ്ധിയൊക്കെ വിട്ടുകളയാ ഇതൊക്കെ അജ്ഞാനം കൊണ്ടാണ് തോന്നണത് എന്നൊക്കെ ആദ്യം പറഞ്ഞു കൊടുത്തു നോക്കി പക്ഷേ അതിഥിക്ക് അത് വിടാൻ വയ്യ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാൻ മന്ത്രോപദേശിച്ചു ഭഗവാനെ ആരാധിക്കാം പയോവ്രതം ഉപദേശിച്ചു കൊടുത്തു ദ്വാദശാഹം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷം എത്ര സുലഭം നോക്കാം ഭക്തിയോടെ വിളിക്കുകയാണെങ്കിൽ പാലുകൊണ്ട് ഭഗവാനെ നേതിച്ച് പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് പാല് മുഖ്യമായി ഉപയോഗിക്കുന്നത് കൊണ്ട് പയോവ്രതം ആ പയോവ്രതം ചെയ്തു പന്ത്രണ്ടാമത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷനായി യജ്ഞേശയജ്ഞ പുരുഷാച്ഛ്യുതീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗണനാമധേയ ആപന്നലോകൃജുനോപമോദയാദ്യ ശംന കൃതീശ ഭഗവന്നസി ദീനനാഥ വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ स्वैरं സ്വൈരം ഗൃഹീതപുരുഷക്തിഗുണ ഭൂം സ്വ ശതുപൃതപൂർണബോധവ്യതിമതമസേ ഹരേ നമസ്തേ ആയു പരം വകുരഭീഷ്ടം അതുല്യലക്ഷ്മീ ദൗർഭൂരസാ സകല യോഗഗുണാസ്ത്രിവർഗ ജാനലം അനന്താ ോനൃണിമു സപത്ന ജയാദിരാശീ നമസങ്കീർത്തനം പോലെയാണ് യജ്ഞേശ യപുരുഷ അച്ഛ്യുത തീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ ആപന്നലോകൃജുനോപോദയാദ്യംന കൃധീഷ ശംന കൃതീഷ ഭഗവന്നസി ദീനനാഥ അടുത്ത ശ്ലോകമത്ഭുതം വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരം ഗൃഹീത പുരുശക്തി ഗുണായ ഭൂങ്ങേ സ്വസ്ഥ ശശ്വത് ഉപബൃംഹിത പൂർണ്ണബോധവ്യാപാതി ആത്മതമസേ ഹരയേ നമസ്തേ ധ്യാനത്തു നിന്ന് ഉണർന്നു നോക്കുമ്പോ കണ്ണു തുറന്നു നോക്കുമ്പോ എന്താ പുറമേക്ക് വിശ്വം കാണുന്നു അപ്പൊ ഈ കാണപ്പെടുന്ന വിശ്വത്തിന് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ഉണ്ട് ഊഹിക്കേണ്ടിയിരിക്കണം സൃഷ്ടിസ്ഥിതി സംയമങ്ങൾക്കൊക്കെ മൂലകാരണമായ ഒരു ശക്തിയും ഊഹിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഭഗവാൻ ഈ വിശ്വസൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ശക്തി അതേ ശ്രദ്ധാശക്തിയെ അകമേക്ക് തിരിച്ചാലോ ശശ്വത ഉപബൃംഹിത പൂർണ്ണബോധവ്യാപാതിത ആത്മതമസേ ഉള്ളിൽ ഇരിക്കുന്ന പൂർണ്ണബോധത്തിനെ മറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരുട്ട് ആവരണം വാസനകളുടെ പടലം കാരണശരീര രൂപത്തിൽ ഉള്ളിൽ മറച്ചിരിക്കുന്നു അതിനെ മുഴുവൻ നീക്കി അജ്ഞാനത്തിന്റെ മറനീക്കുമ്പോൾ മേഘം നീങ്ങുമ്പോൾ സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഹേ വസ്തുവായ ഭഗവാനെ അവിടുത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ച് അതിഥി ഭഗവാനോട് പറയുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ പറഞ്ഞു അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം ഹിരണ്യ കശിപുവിനെ പോലെയാണെങ്കിൽ നരസിംഹമായിട്ട് അവതാരണം ചെയ്ത് വലിച്ചു കീറാം രാവണനെ പോലെയാണെങ്കിൽ യുദ്ധം ചെയ്യാം പക്ഷേ മഹാബലി മഹാത്മാവാണ് അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ദേവന്മാർക്ക് ദേവന്മാരും ഭക്തന്മാരാണ് ഇപ്പൊ അസുരന്മാരും ഭക്തന്മാരാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ അവരുടെ മുമ്പിൽ ചെറുതാവാം ദേവന്മാരെയൊക്കെ ഏട്ടന്മാരാക്കിക്കൊണ്ട് ഞാൻ ജനിച്ച് മഹാബലിയുടെ മുമ്പിൽ ഞാൻ കൈനീട്ടാം നിങ്ങൾക്ക് വേണ്ടി പോയി കൈനീട്ടാം എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പതിയെ കശ്യപ്രജാപതിയെ എന്റെ തന്നെ സ്വരൂപമായി ധ്യാനിച്ചോളാം അങ്ങനെ ഒരു പുത്രൻ ജനിക്കട്ടെ ഈ ഉപാസന ആരോടും പറയരുത് ഭർത്താവിനോട് പോലും പറയേണ്ട എന്നുള്ള മറ്റാണ് ആരോടും പറയരുത് ഈ ഉപാസന ഭർത്താവിനെ കശ്യപ്രജാപതിയെ എന്റെ സ്വരൂപമായിട്ട് ധരിച്ചോളാം അങ്ങനെ ധരിക്കുകയാണെങ്കിൽ ആ കശ്യപ പ്രജാപതിയുടെ വീര്യം എന്റെ തേജസ് കൊണ്ട് ആവിഷ്ടമാവും ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു ഈ ഉപാസനയെ ആരോടും പറഞ്ഞില്ലേ പക്ഷെ കശ്യപ്രജാപതി തന്നെ ചോദിച്ചു അത്രേ ഓ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അല്ലേ എന്നെ ഭഗവത് സ്വരൂപമായിട്ട് ധ്യാനി അദ്ദേഹം തന്നെ ഭഗവത് സ്വരൂപിയാണ് കശ്യപ്രജാപതി അങ്ങനെ കശ്യപ്രജാപതിയുടെ അതിഥിയുടെയും പുത്രനായി ഭഗവാൻ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോ ദേവാദികളൊക്കെ വന്ന് നമസ്കരിച്ചു തിരുവോണം ദിവസം ശ്രവണദ്വാദശി ദിവസം ഭഗവാൻ അഭിജിത് മുഹൂർത്തത്തിൽ ജനിച്ചു ഇത്തം വിരിഞ്ജസ്തുതകർമ്മവീര്യ പ്രാദുർഭൂവ അമൃതഭൂ അതിഥ്യം ചതുർഭുജ ശങ്ക ശ്യമാവോ ഷരാജകുണ്ടലത്ഷോല്ലസത്ഷോല്ലസത് ശ്രീവദു പുൻ ശ്രീവത്സവക്ഷലയാൽസത് കിരീടകുണചാരുണൂപുര ഭഗവാൻ ശങ്കചക്രഗദാപാണിയായ ആവിർഭവിച്ചു ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു ഋഷികൾ സ്തുതിച്ചു പെട്ടെന്ന് മുമ്പിൽ അങ്ങനെ വാമനമൂർത്തിയായിട്ട് നിന്നു ആ വാമനമൂർത്തിയുടെ ബ്രഹ്മതേജസ് കണ്ട് ലാല് സന്തോഷിച്ചു ദൃഷ്ടാതിഷ്ടം നിജഗർഭസംഭവം പരം പുമാംസം ഉദമാപവിസ്മിത അതിഥി തന്റെ ഗർഭത്തിൽ നിന്നും ആവിർഭവിച്ച പരമപുരുഷനെ കണ്ട് സന്തോഷിച്ചു ഗൃഹീതദേഹം നിജയോഗമായ പ്രജാപതിശ്ചാഹ ജയേത്തി വിസ്മിത കശ്യപ പ്രജാപതിയും ജയ ജയ എന്ന് ജയഘോഷം മുഴക്കി ഭഗവാൻ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ബ്രാഹ്മണനായിട്ടാണ് എന്തിനാണെന്ന് വെച്ചാൽ ദാനം വാങ്ങിക്കണം ദാനം കൊടുക്കുന്നത് ക്ഷത്രിയന്റെ സ്വഭാവവും വാങ്ങിക്കണത് ബ്രാഹ്മണനാണ് അപ്പോൾ വാങ്ങിക്കാനായിട്ടിപ്പോ ബ്രാഹ്മണ ശരീരം എടുത്തിരിക്കുകയാണ് അപ്പോൾ വേഗം പൂണോലിടണം യജ്ഞോപവീത്വധ ധാരണം കഴിക്കണം അതിസുന്ദരമായ രൂപത്തിൽ ഭഗവാൻ നിൽക്കുന്നു ബോധമാനാ മഹർഷയ കൃഷ്ണാവതാരത്തിൽ ഗോപസ്ത്രീകളാണ് കണ്ട് ആനന്ദിച്ചതെങ്കിൽ ഇവിടെ മഹർഷികളാണ് കണ്ട് ആനന്ദിക്കുന്നത് ആ ബ്രഹ്മതേജസ് തമ്പടും വാമനം ദൃഷ്ടം മോദമാന മഹർഷയ കർമാണി കാരയാ പുരസ്കൃത്യ പ്രജാപതിം ജാതകർമാ നാമകരണം അന്തമാതിരി ചൗളം കർണവേദം എന്ന സംസ്കാരങ്ങൾ ഇക്കോ എല്ലാ സംസ്കാരങ്ങളും പൂണലോടെ ചേത്തി ഇപ്പൊ കല്യാണത്തി തലക്കിത്തും പൂണൽ പോടറിയർമാണി കാരയമ പുരസ്കൃത്യ പ്രജാപതി പ്രജാപതിയെ പുരോഹിതനാ വെച്ചിട്ട് യജ്ഞോപവിതധാരണ കർമ്മ നടക്കരുത് അത് പൂണൽ പോട ഗായത്രി ഉപദേശം ഗായത്രി മന്ത്ര സാവിത്രി മന്ത്രം പേര് ഗായത്രി വന്ന് ചന്ദസ് ദേവത സവിത്രി ദേവത്തെ സവിതാ എന്ന മുതല ഉപാസനക്കാർ സൂര്യനിലേതയ്ക്ക് സവിതൃദേവതോ അത് ഉപാസനാ സൗകര്യത്തിൽ ആ സവിതൃദേവത വന്ന് സൂര്യനിലേത നമ്മ ഹൃദയത്തിൽ ആത്മാവിതൃദേവത എം പുരുഷേ എസ് ആദിത്യേ സേക ഹൃദയത്തിലെ എത് ഇരുക്കോ എത് ആദിത്യ ഇക്കോ അത് ഒരേ വസ്തു അതാ ഗായത്രി ഉപദേശം വന്ന് ബ്രഹ്മോപദേശം ഗായത്രിയോട് ആന്തരീക ആന്തര അർത്ഥം വന്ന് വേദാന്ത ശാസ്ത്രം മനന മനവാളിത ബുദ്ധി വളരുകി മന്ത്രം നെനിക്കറ ബാ ഞാനം അർത്ഥം സാക്ഷാത്കാരം ഉണ്ടാകുന്നത് മന്ത്രം തന്നെ ഗായത്രി ന ഗായത്രി പരോമന്ത്ര അപസ്ത്രം വേറെ എന്ത മന്ത്രത്തും ഇന്ന് വിധിയെ വെക്കലെ ഗായത്രിയാ പരോ മന്ത്രാ ഗായത്രിക്ക് മേലെ ഒരു മന്ത്രം കിടത്രി വന്ന് ബ്രഹ്മോപദേശം അപ്പൊ ബ്രഹ്മോപദേശം പണാൽ സ്വയമേവ അത് മന്ത്രത്തെ മനനം പണി അനുഭവിച്ച് വന്നാൽ പണ മുടും ഇറ്റ് വില് ബി ഓൺലി സൗണ്ട് നോയ്സ് സൗണ്ട് വന്ന് മന്ത്രമാകാതെ സുമ ഒരു സൗണ്ട് മന്ത്രമാകാതെ ഒരു ശബ്ദ മന്ത്രമാകാതെ അത് ശബ്ദത്തിലെ ജീവൻ എടുക്കണം അത് ജീവൻ യാടുക്കവ ജീവൻ അത് മന്ത്രത്തെ മനനം പണി മന്ത്രത്തിൽ സിദ്ധി വന്നിരിക്കുന്ന വാളിക്ക് തദേശം പണമും അപ്പൊ ഭഗവാന് വന്ന് ഗായത്രി മന്ത്ര ഉപദേശത്തെ വാങ്ങിക്ക യോഗ്യത യാത്ര സാവിത്രിയും സവിതാപ്രവീത് സവിത്രി ദേവതയെ സാവിത്രി മന്ത്രത്തെ കൊടുക്ക സവിത്രി ദേവതയെ ഗായത്രി ഉപദേശം മൺ പൂണൽ യാരു കൊടുത്തതി പ്രമസ സൂത്രം അപ്പോ സന്യാസികൾ വന്ന പ്രഹ്മസൂത്രത്തെ കഴിഞ്ഞിട സന്യാസം എടുത്തക്കത്തെ പൂണൽ അവിക്കുന്നത് സന്യാസം കൃത്വ സശനം യജ്ഞാർത്ഥം ആദൃതം സൂത്രം സ്വീകൃത പാരമഹംസ്യ സുചിരം പ്രവിചാരയ സ്വാത്മന തത്വം അത് യജ്ഞാർത്ഥം ആദൃതം സൂത്രം അപ്പൊ അവൾ വിച്ഛിന്ന സൂത്രികളായിട്ട അവാനം എവിടെ വരും അപ്പാഷ്യത്തിൽ വിചാരം പണ്ടത്തെ ശങ്കരർ ചെൽ അവ്രഹ്മ്ഞാനമേ സൂത്രം ആത്മാവേ സൂത്ര ആത്മജ്ഞാനമേ അവൂത്രം ഇഹ്യ സൂത്രം വന്ന് ജ്ഞാനത്തെ അടയണമെ കാട്ടു യജ്ഞ ഉപവീത്തം ഉപനയനം രണ്ട് കണ് കൊടുത്ത് നമ്മൾ മൂന്നാമത് ഒരു നയനം ഉപ ഗുരുവോട് സമീപത്തു നയിക്കു ഉപനയനം അതവിടെ നല്ല അർത്ഥം എന്നാ രണ്ട് കണ്ണ് ഇന്ന് പാകലേ ഇത് ആന്തരികമാണ് ഒരു സക്സസ് അത് യജ്ഞ സൂത്രം ഇങ്ങൽ കൊടുക്കോപനീയ സാവിത്രീം സവിതീത് ബൃഹസ്പതി ബ്രഹ്മസൂത്രം ബൃഹസ്പതി പൂണുൽ കൊടുക്കൃസ് ബ്രഹ്മസൂത്രം മേഖലം കശ്യപോ ദ കശ്യപ്രജാവതിയെ മുഞ്ചപുൽ കുടുക്കരാർ കോഴി ദൃഷ്ണാജിനം ഭൂമി മാന്തോ ഭൂമി കുടുക്കരം സോമോ വനസ്പതി ദം പലാശദം ബ്രഹ്മചാരി അത് ചന്ദ്രൻ കൊടുക്കൂ റിസപ്ഷൻ പൂന ഒരു പ്രസന്റേഷൻ പാത്രം ഉപയോഗം ഇല്ല കടലാ എടുത്തു പോയി പ്രസന്റേഷൻ കൊടുക്കും കൊണ്ട കളർ കടലാസും അങ്ങനെ പാത്രത്തിൽ കടലാസ് പോയി കൊടുക്കും പൂണൽ പോട കുഴഞ്ഞി പ്രഹ്മവിദ്യ വളരണം ആശപ്പെട്ടി ഏതാവ് കൊടുക്കണം നകൾ കിടക്കരു അങ്ങനെ കുഴഞ്ഞ വാസിച്ചതോ വാസിക്കലയോ എപ്പോ അറ്റ്ലീസ്റ്റ് യു ആർ കിവിംഗ് എ മെസേജ് കുഴഞ്ഞ വാസിക്കുന്നത് യോഗ്യത ഇക്കോ ഇല്ലയോ ഇത് ഇതെല്ലാം താ കൊടുക്കണമൊരു മെസേജ് ഇതെല്ലാം താ ഇതോട് ലക്ഷ്യം എങ്കോ തരമാതിരി ഇല്ല അന്ത വേറെ യാക്കാവ് പോകും അത പുസ്തകം സന്ധ്യാവന്ത പുസ്തകമോ ഭഗവത് ഗീതയോ ഇല്ലോ എത്രയോ മഹാത്മാക്കളോട് ജ്ഞാനികളോട് ഗ്രന്ഥങ്ങളമണാശ്രമം പുസ്തകങ്ങളും കൊണ്ട് വെച്ചിക്ക് അത് ഏതാവ് ഒരു പുസ്തകം പോരും ടാക്സ് വിത്ത് രമണ മഹർഷി ഒരേ ഒരു പുസ്തകം പോരും സർവ വേദാന്ത സാര സങ്കരം എന്നാൽ ഇന്നിക്ക് ഇപ്പം സസ്കൃതം താ വേണമെന്ന് കൂടി ഇല്ല ഇംഗ്ലീഷിലൂടെ കിടക്കുന്നത് ഉള്ളത് വേദാന്തം സംസ്കൃതത്തിൽ തന്നെ ചെന്നാത്താ ആച്ചു കയ്യാതെ വേണമെങ്കിൽ വാഴക്ക് എന്ത സാരം എന്താഷെയും ഗ്രഹിച്ചിക്കലാം അത് മാറി ഏതാവും ഗ്രന്ഥമോ ഇല്ല പഞ്ചപാത്രമോ അത് പൂണൂൽ പോട്ട കുഴക്ക് അത് ഉപയോഗപ്പെടു മാറി ഏതാവും ഇങ്ങക്ക് പൂണൽ പോട്ടാച്ചു മാന്തോൽ കൊടുത്താച്ചു പലാസ തണ്ടം കൊടുത്താച്ച ഇപ്പൊ ഒരു കുറച്ചൽ അവർ പുറക്കരുത് വസ്ത്രത്തോടെ വരല അതിഥി അഴക ഒരു പട്ട കൗപീനം കട്ടി കൊടുക്കൗപീനാച്ഛാദനം മാതാ വെയിൽ ഭിക്ഷ എടുക്ക പോണമേ കൊടെ വേണം പട്ടക്കൊലക്കുട കൊടുത്തു ദ്യൗശ്ചത്രം ജഗതപദേഹ ആകാശത്തിന്റെ അതിദേവത തന്നെ ഒരു കൊട കൊടുത്തു കമണ്ടലും വേദഗർഭം ബ്രഹ്മാ തന്റെ കയ്യിലുള്ള കമണ്ടൽ കൊടുത്തു കുശാൻ സപ്തർഷയോദു സപ്തഋഷികൾ സമിതാദാനം ചെയ്യാനായിട്ടും ബ്രഹ്മചാരിക്ക് മറ്റാവശ്യങ്ങൾക്കായിട്ടുമുള്ള ദർഭയും മറ്റുമൊക്കെ കൊടുത്തു അക്ഷമാലാം മഹാരാജാ സരസ്വതീ സരസ്വതീദേവി ജപമാല കൊടുത്തു തസ്മാത്യുപനീതായ അക്ഷരാ പാത്രികാമദാദ് ഭിക്ഷ വാങ്ങിക്കാനുള്ള പാത്രം കുബേരൻ കൊടുത്തു ഇത്രയായി ഇനി ഭഗവാൻ സാക്ഷാത് ജഗതീശ്വരൻ ഭിക്ഷാന്തേഹി ഭവതി ഭിക്ഷാന്തേഹി എന്ന് ചോദിക്കുമ്പോ ഭിക്ഷ കൊടുക്കാൻ യോഗ്യതയുള്ള ആള് വേണം ആരെടുത്തു പോയി ഭിക്ഷ ചോദിക്കും ഭിക്ഷാം ഭഗവതീ സാക്ഷാത് ഉമാദംബിക സതീ നിത്യാാനന്ദകരീ വരാഭയകരീ സൗന്ദര്യരത്നാകരി നിർൂതലഘോരപാവനികരീ പ്രേശ്വരീ പ്രളേയാചലവംശപാവനകരീ കാശീപുരാധീശ്വരി ഭിക്ഷാ ദേഹി ഭിക്ഷാ ദേഹ കൃപാവലംബനകരീ മാതാന്നൂർണേശ്വരി അന്നപൂർണേ സദാൂർണേ ശങ്കര പ്രാണവൽഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർ ഭിക്ഷാ ദേഹി ച പാർവതി സക്ഷാ അന്നപൂർണേശ്വരിയെ ഭിക്ഷ കൊടുത്തു അങ്ങനെ ഭിക്ഷ വാങ്ങിച്ച് സംമിതാദാനവും കഴിച്ച് ദാനം വാങ്ങിക്കണം ഇപ്പൊ ആ ഒരു അടുത്ത് ദാനം വാങ്ങിക്കും ദാനം കൊടുക്കാനായി ഒരാൾ പത തയ്യാറായിട്ടുണ്ട് അശ്വമേധം നടത്താണ് നർമ്മദാ നദിക്കരയിൽ ഭൃഗുകഛത്തിൽ ശുക്രാചാര്യർ മഹാബലിയെ കൊണ്ട് അശ്വമേധം ചെയ്യിപ്പിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ ഇനി ഒരുവിധ പരാജയവും വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് അശ്വമേധം ജയിപ്പിക്കുകയാണ് അങ്ങോട്ട് പുറപ്പെട്ടു ശ്രുത് അശ്വമേധൈര്യജമാനമൂർജിതം ബലിം ഭൃഗൂണാമുപകൽപ്പതൈസ്ത ജഗാമതത്രാഖില സാരസംഭൃതോ ഭാരേണഗാ സന്നമയി പദേ പതേ അഖിലസാരസംഭൃത ദാനം വന്നിക്കാൻ വേണ്ട എല്ലാം എടുത്തുകൊണ്ടുപോണ ആള് മാത്രമല്ല പ്രപഞ്ചത്തിൽ സകല സുന്ദരവും സകല തേജോമയമായ വസ്തുക്കളുടെയും സാരം സംഭരിച്ച് ഉണ്ടാക്കിയ പോലെയുള്ള ആ രൂപം ഓരോ കാല് വയ്ക്കുമ്പോഴും ഭൂമി അടിയിൽ വഴുത്തി പോകുന്നു പട്ടക്കൊടയും പിടിച്ച് കമണ്ടലവും പിടിച്ച് ഇത്ര വേഗമുണ്ട് എല്ലാം കൂടെ നടന്നു പോകുന്നു പുറകെ നിന്ന് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും ഒരു കൊട രണ്ട് കാല് മാത്രം കാണുന്നുണ്ട് വേറൊന്നുമില്ല ശ്രുവാശ്വേതം ബലിം മൃഗൂണു യാഗശാലയിലേക്ക് പ്രവേശിച്ചു ആ തേജസ് കണ്ട് ഋഷികളൊക്കെ എഴുന്നേറ്റ് നിന്നു മൗഞ്ജ്യം ഉപവീതാജിനോത്തരം ജടിനം വാമനം വിപ്രം മാണവം ഹരിം വ്യാജം ആണിവിടെ ഈ വേഷം വാസ്തവമല്ല ജഗത്തിന് മുഴുവൻ പ്രഭുവായ ഭഗവാൻ ഒരു ബ്രഹ്മചാരി വേഷവും കിട്ടിയതാ ഇവിടെ വന്നിരിക്കുന്നു ഋഷികൾ ഏതേറ്റം നിന്ന് നമസ്കരിച്ചു മഹാബലിക്ക് അറിഞ്ഞില്ല പക്ഷെ അറിഞ്ഞു ബുദ്ധിക്കും മനസ്സിനും അറിഞ്ഞില്ല ഹൃദയത്തിന് അറിഞ്ഞു പ്രഹ്ലാദന്റെ പരമ്പരയല്ലേ വന്ന് നമസ്കരിച്ചു സ്വാഗതം തേനമസ്തുഭ്യം അറിയാതെ വായുകൊണ്ട് പറഞ്ഞു പോവാണ് സ്വാഗതം തേനസ്തുഭ്യം ബ്രഹ്മൻകി കരവാമത്തെ ബ്രഹ്മർഷീണ തപ്പാത് മന്േ ധരും അദ്യ നൃപ്ത അദ്യ നാവിതം കൂല അദ്യ സ്വിഷ്ട്രതുരയം യത് ഭവാഗതോ ഗൃഹാൻ അദ്യ്യോ മേ സുഹൃദായ എല്ലാം പവിത്രമായിരിക്കുന്നു ഇവിടെ അവിടുത്തേക്ക് സ്വാഗതം അവിടുന്ന് വന്നതുകൊണ്ട് എന്റെ പിതൃക്കൾ തൃപ്തരായിരിക്കുന്നു അഗ്നിയൊക്കെ ശരിക്കും ഹുതമായിരിക്കുന്നു ഈ യാഗം സമ്പൂർണ്ണമായിരിക്കുന്നു അവിടുത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു എന്താ അടുത്ത ക്ഷണം മായ മറിച്ചു ഉടനെ എന്താ വേണ്ടത് ചോദിക്കൂ ഹേ ബ്രാഹ്മണപുത്ര അങ്ങയ്ക്ക് ഭൂമി വേണോ സ്വർണം വേണോ നല്ല വീട് വേണോ അല്ല വിപ്ര കന്യകയെ വിവാഹം കഴിക്കാൻ കന്യകയെ വേണോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഒരു ഗ്രാമം തരാം എന്തു വേണമെങ്കിലും ചോദിച്ചാൽ ഒരു തരാം ചോദിച്ചോള എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഉറക്കെ ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ എന്തോ ആ കുലമഹിമ ആ വംശ പരമ്പര പ്രഹ്ലാദന്റെ പേരക്കുട്ടിയല്ലേ എത്ര മഹാത്മാക്കൾ വന്നിട്ടുള്ള വംശം അതുകൊണ്ട് അവിടത്തേക്ക് ചേർന്നത് തന്നെ പക്ഷെ രാജൻ എനിക്ക് അധികമൊന്നും വേണ്ട എനിക്ക് മൂന്നടി മണ്ണ് വേണം അതും എന്റെ കാലുകൊണ്ട് തന്നെ അളന്നെടുത്ത ഈ കൊച്ചുകാലുകൊണ്ട് അളന്നെടുത്ത മൂന്നടി മണ്ണ് അത്രേ വേണ്ടൂ ഇത്രയും പറഞ്ഞപ്പം രാജാവ് ഉറക്ക ചിരിച്ചു അഹോ ബ്രാഹ്മണതാ യാതാ വാചസ്തേ വൃദ്ധസമ്മത ത്വം ബാലോ വാലിശമതി ഹി സ്വാർത്ഥം പ്രതി അബുധോയത ഹേ ബ്രാഹ്മണക്കുട്ടി നിനക്ക് പോരാ വേദം പഠിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പഠിക്കണം എവിടെ നിറയെ കിട്ടുമോ അവിടെ നിറയെ വാങ്ങിക്കണം സ്വാർത്ഥം നടത്താൻ അറിയണില്ലല്ലോ നീ എങ്ങനെ ജീവിക്കുമോ എങ്ങനെ കുടുംബം നടത്തുന്ന ആളെ ഒരു ദ്വീപ് തന്നെ കൊടുക്കാൻ ശക്തിയുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ആരാ മാം വചോപി സമാരാധ്യ ലോകാനാം ഏകമീശ്വരം ഈ മുഴുവൻ ഒരേ പ്രഭുവായി എൻ്റെ അടുത്ത് വന്നിട്ട് കേവലം മൂന്നടി മണ്ണ് ചോദിക്കുക മോശം എന്റെ അടുത്ത് ദാനം ചോദിച്ചിട്ട് നാളെ വേറെ ആരുടത്തും ചോദിക്കാൻ പാടില്ല ഭഗവാൻ പറഞ്ഞു തഥാസ്തു പറഞ്ഞു അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തില് ഗോപസ്ത്രീകളുടെ വീട്ടിൽ കക്കണത് ചോദിക്കില്ലാന്നാണ് മോഷ്ടിക്കാം എന്താന്ന് വെച്ചാൽ നമുക്കല്ലു ബലികേ ഹെ യാചനം പൂർവമാസ്താം ഞാൻ മഹാബലിയുടെ മുമ്പിൽ പോയി കൈനീട്ടിയവനാണ് ഈ പെണ്ണങ്ങളുടെ അടുത്തൊന്നും കൈ നീട്ടില്ല ചാരുണാ ചോരണേനെ കക്കുക എന്നാണ് മഹാബലിക്ക് ആ വരം കൊടുത്തു മഹാബലി പറഞ്ഞു മൂന്നടി മണ്ണോ ധാരാളം ചോദിക്കൂരൊക്കെ നോക്കൂ ഇവരക്കൊക്കെ ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പോ ആ കൂട്ടത്തിൽ സഭയിൽ ഒരാൾ മാത്രം വായിൽ കുഴക്കിട്ടിട്ട പോലെ ഇരിക്കുന്നുണ്ടോ ശുക്രാചാര്യം അദ്ദേഹത്തിനെ കണ്ടപ്പോ തന്നെ മഹാബലിക്ക് ഒരു അപാകത തോന്നി അദ്ദേഹത്തിനെ നോക്കി മഹാബലി കണ്ണുകൊണ്ട് വിളിച്ചു കൊണ്ട് വരൂ നമസ്കരിച്ചു ഹേ വിരോചന പുത്രനെ എന്റെ അച്ഛനൊരു അബദ്ധം പത്തി പ്രജാപതിയുടെ അടുത്ത് ആത്മവിദ്യ പഠിക്കണം എന്നു പറഞ്ഞ് ചെന്നു പ്രജാപതി ആദ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നല്ലവണ്ണ അലങ്കരിച്ചിട്ട് സമു നദിയിൽ പോയിട്ട് പ്രതിബിംബം കാണാൻ പറഞ്ഞു വിരോചനും ഇന്ദ്രനും കൂടെ ചെന്നു രണ്ടുപേരും പ്രതിബിംബം കണ്ടു ആ കാണുന്നത് എന്തോ അത് തന്നെ ആത്മ എന്ന് പറഞ്ഞു പ്രജാപതി വിരോചനൻ അത് തന്നെ സത്യം എന്ന് ധരിച്ചു പോയി ദേഹാത്മവാദം പ്രചരിപ്പിച്ചു എല്ലായിടത്തും ചെന്ന് ശരീരമാണ് ആത്മ ശരീരത്തിനെ പോഷിപ്പിക്കുക നേരാന് നേരം പൗഡർ ഇടുക സെന്റിടുക തലയിൽ വെളുത്ത കറുപ്പിക്കുക പല്ലുപോയ വേറെ എന്തെങ്കിലും വെക്ക എന്താന്ന് ഇതാണ് ആത്മ എന്ന് പ്രചരിപ്പിച്ചു മരിച്ചു പോയാലും വിടാൻ പാടില്ല അതിനുശേഷം അതിന് വായിൽ കുറച്ച് എന്തെങ്കിലും ഇട്ടുകൊടുത്ത് അതിനെ അലങ്കരിച്ച് കുളിപ്പിച്ച് ഒക്കെ അതിനെ പ്രചരിപ്പിച്ചു അത്ര സംശയം തോന്നിയിട്ട് ഇങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ഈ ശരീരം എനിക്ക് ഒരു സംതൃപ്തിയെ വരണില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി അങ്ങനെ വിരോധനന് ഒരു അബദ്ധം പറ്റി ആ അബദ്ധം തനിക്ക് പറ്റരുത് ഏഷ വൈരോധനെ സാക്ഷാത് ഭഗവാൻ വിഷ്ണു അവ്യയാഹ ഹേ വൈറോച്ചനെ ഈ വന്നിരിക്കുന്നത് സാക്ഷാത് അനന്തമായ വസ്തുവാണ് ഇത്രയും നീളത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ തന്റെ കയ്യിലുള്ളത് മുഴുവൻ പറിച്ചു കൊടുക്കും ഇന്ദ്രന് തന്റെ കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെടും കൊടുക്കരുത് പ്രഭു ഞാൻ കൊടുക്കാം എന്ന് വാക്ക് പറഞ്ഞോളൂ വായ കൊണ്ടെന്നെ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ജലം ഒഴിച്ചു കൊടുത്ത് ഓം തത് ദത്തം എന്ന് പറഞ്ഞാലേ ആയിട്ടുള്ളൂ കൊടുത്തിട്ടില്ല അതുകൊണ്ട് പറയും പലതും പറയും നമ്മള് അതൊക്കെ കണക്കാക്കാൻ പറ്റുമോ കള്ളം പറയാമോ ചില കാര്യത്തിലൊക്കെ പറയാം കല്യാണത്തിന് കാര്യത്തിൽ പറയാം നർമ്മത്തിന് തമാശയ്ക്ക് പറയാം സ്ത്രീകളോട് ചിലതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പറയാം അത്ര കള്ളം സ്ത്രീഷു നർമ്മ വിവാഹിച്ച് ഇതൊക്കെ ശുക്രനീതിയാണ് ശുക്രാചാര്യരുടെ നീതിയാണ് സ്ത്രീഷു സ്ത്രീകളോട് നർമ്മത്തിന് പിന്നെ വിവാഹത്തില് കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോ ഒക്കെ പറയാം കുട്ടിക്ക് പാട്ടുപാടാൻ അറിയോ എന്ന് ചോദിച്ചു പെണ്ണ് കാണാൻ വന്നു നല്ല പെണ്ണും പാടും എന്നാ പാടാൻ പറയൂ ഇപ്പൊ തൊണ്ട കെട്ടിയിരിക്കുകയാണ് ഇത് എങ്ങനെയെങ്കിലും പാവം കല്യാണം കഴിച്ച് വിടണം വാങ്ങണേ ഇതൊക്കെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചില കാര്യത്തിലൊക്കെ പ്രാണസങ്കട ആപത്ത് ജീവനെ ആപത്ത് വരും എന്ന് പറയുമ്പോൾ കള്ളം പറയാം ഇതൊക്കെ ശുക്രനീതി ആ ശുക്രനീതി കേട്ട് മഹാബുരി ചിരിച്ചു എന്താണെന്ന് വെച്ചാൽ ശുക്രാചാര്യർ അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യാണെന്ന് അദ്ദേഹത്തിനും അറിയാം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഞാൻ യോഗ്യതയില്ലാത്തവനായിരിക്കാം എന്റെ അച്ഛൻ യോഗ്യതയില്ലാത്തവനായിരിക്കാം പക്ഷെ എന്റെ മുത്തശ്ശൻ ആരാണ് പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു കൊണ്ട് ഞാൻ കപടം പറയാവോ കള്ളം പറയാവോ പ്രഹ്ലാദി ഹി കിടവോ അതുകൊണ്ട് പ്രഹ്ലാദന് പരമ്പരയിൽ വന്ന് ഒരു അതും ബ്രാഹ്മണന് തരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തരില്ല എന്ന് പറയാൻ കൊണ്ട് വയ്യാം എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു അത് അറിഞ്ഞതല്ലേ അങ്ങ് പറഞ്ഞു തന്നത് വളരെ നന്നായി അങ്ങനെ ഇപ്പൊ ഭഗവാൻ വന്ന് ചോദിച്ചെല്ലാം കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകട്ടെ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നു വാമനമൂർത്തി മുമ്പില് വിന്ധ്യാവലി ജലം ഒഴിച്ചു കൊടുത്തു ഊന്നടി മണ്ണ് ദാനം ചെയ്തു ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി മഹാബലിയുടെ ശിരസിലേക്ക് ദേവന്മാർ തന്നെ പുഷ്പവൃഷ്ടി ചെയ്തു തദ്വാമനം രൂപം അവർദ്ധതാത്ഭുതം ഹരേഹേ അനന്തസ്യ ഗുണത്രയാത്മകം ആ വാമന രൂപം ത്രിവിക്രമരൂപമായിട്ട് മാറി മൂന്ന് ലോകങ്ങളെയും അതിക്രമിച്ചു നിന്നു രണ്ടടി കൊണ്ട് സർവവും അടന്നു കഴിഞ്ഞു മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ല മഹാബലിയെ വരണോപാശം കൊണ്ട് ബന്ധിച്ച് ഭഗവാൻ മുമ്പിൽ നിർത്തിയിട്ട് ചോദിക്കുക എവിടെ മൂന്നാമത്തെ അടി അസുരന്മാര് പറഞ്ഞു ഈ വാമനൻ നമ്മളെയൊക്കെ പറ്റിച്ചിരിക്കുന്നു യുദ്ധം ചെയ്യണം എന്ന് പുറപ്പെട്ടപ്പോ അരുത് നിൽക്കൂ മഹാബലിയുടെ ജ്ഞാനത്തിന്റെ ബലം അവിടെയാണ് മഹാബലി പറയു ഈ വന്നിരിക്കുന്ന ആൾ ആരാ അറിയോ ഇയാളോട് യുദ്ധം ചെയ്തിട്ട് കാര്യമേ ഇല്ല യഹ് പ്രഭുഹു സർവഭൂതാനാം സുഖദുഃഖോപത്തയെ തമ്മ അതിവർത്തിതും ദൈത്യാഹ പൗരുഷി ഈശ്വരഫുമാണ് ഏതൊരു പ്രഭു കാലപുരുഷൻ നമ്മളുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്നു അവൻ സുഖം തരുമ്പോൾ നമ്മൾ വേണ്ട എന്ന് പറയണില്ലല്ലോ അപ്പൊ ദുഃഖം തരുമ്പോൾ മാത്രം എന്തിനാ ഈ ബുദ്ധി അവൻ സുഖം വാരിക്കോരി തരുമ്പോ സന്തോഷമായിട്ട് ഏറ്റു ഇപ്പൊ ദുഃഖം തരുമ്പോൾ എന്തിനാ അവൻ സുഖം തരുമ്പോൾ നമ്മൾക്ക് അതിനെയും വേണ്ട എന്ന് പറയാൻ പറ്റില്ല അതേപോലെ ഈ ദുഃഖം തരുമ്പോഴും നമ്മളുടെ പൗരുഷം കൊണ്ടോ തപസ് കൊണ്ടോ ബലം കൊണ്ടോ മന്ത്രജപം കൊണ്ടോ ഔഷധസേവ കൊണ്ടോ സാമധാന ഭേദദണ്ഡം മുതലായ ഉപായങ്ങൾ കൊണ്ടോ കാലം വിപരീതമായിട്ടുള്ളപ്പോ ജയിക്കാൻ ഒക്കല യുദ്ധം ചെയ്യാനായിട്ട് പോയാൽ ഹിരണ്യകശിപുവിന്റെ ഗതിയാവും കാലപുരുഷനാണ് ഹിരണ്യകശിപുവിന്റെ മുമ്പിലും വന്നത് മഹാബലിയുടെ മുമ്പിലും വന്നത് യുദ്ധത്തിനായി ഹിരണ്യകശുപു പോയി കാലപുരുഷൻ പിച്ചു മഹാബലി ചെയ്യണത് നോക്ക എവിടെ മൂന്നാമത്തെ അടിക്ക് സ്ഥലം എവിടെ എന്ന് ചോദിച്ചതും മഹാബലി ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഹേ പ്രഭോ അങ്ങ് ചെയ്ത ഈ ഉപകാരം ലോകത്തിൽ ആര് ചെയ്യും യംന മാതാ പിതാ ഭ്രാത സുഹൃദന്തി അസുരാണാം നഹാ പാരോക്ഷ്യ പരമോ ഗുരു ലോകത്തിലെ അമ്മ അച്ഛൻ ബന്ധുക്കളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് സന്തോഷിപ്പിക്കും ിട്ട് സന്തോഷിപ്പിക്കുന്നത് എത്രയായാലും ലിമിറ്റഡ് ആണ് കൊടുത്താൽ കൊടുത്താൽ പിന്നെയും അധികം ഉണ്ടാവുമല്ലോ എത്ര കൊടുത്താലും പിന്നെയും അധികം ഉണ്ടാവും ഈ തന്നിട്ട് സന്തോഷിപ്പിക്കുന്നവരാണ് ലോകത്തിലെല്ലാവരും ഭഗവാൻ നമുക്ക് സന്തോഷം തരുന്നത് നമ്മളുടെ കയ്യിലുള്ളത് മുഴുവൻ എടുത്തിട്ട് നമ്മളെ പൂർണ്ണമാണെന്ന് കാണിച്ചു തരും അത് പൂർണ്ണമാണ് എടുത്തിട്ട് ചെയ്യുന്ന അനുഗ്രഹത്തിനേക്കാളും തന്നിട്ട് ചെയ്യുന്ന അനുഗ്രഹം എത്രയോ തുച്ഛമാണ് കൊടുത്തിട്ട് ചെയ്യുന്ന അനുഗ്രഹം വളരെ തുച്ഛം കൊടുക്കുന്നത് എപ്പോഴും ലിമിറ്റഡ് ആണ് എത്ര കൊടുത്താലും അത് പകുതിയെ ഉണ്ടാവുള്ളൂ എടുക്കുന്നത് പൂർണ്ണമാണ് ഉള്ളത് നമ്മളുടെ ഉള്ളിലുള്ള നമുക്ക് ദൗർബല്യങ്ങളെയൊക്കെ എടുക്കുന്നതിന് എത്ര ബലമുണ്ടോ അത്രയും ബലം സദ്ഗുണങ്ങളെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് ഇല്ല ദൗർബല്യങ്ങളെടുത്തുമാക്കിയാൽ മതി എടുക്കുന്നതിനാണ് ബലം അല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനല്ല നമ്മളുടെ ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് എത്ര അത്രയും ബലം നല്ല കാര്യം ചെയ്യുന്നതിനില്ല അപ്പൊ ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹം എന്താ മുഴുവൻ എടുത്തു കളഞ്ഞു എന്തൊക്കെ തൻ്റെന്ന് ധരിച്ചു അത് മുഴുവൻ തന്റേതല്ല എന്ന് കാണിച്ചു കൊടുത്തു മഹാബലിക്ക് അപ്പൊ മഹാബലി പറയാണ് ഈ ഒരു തത്വോപദേശം ആര് പാരോക്ഷ്യ പരമോ ഗുരുഹു അവിടുന്ന് ഞങ്ങൾക്ക് ഗുരുവാണ് ആചാര്യനാണ് അതുകൊണ്ട് ഞാനിതാ അങ്ങയുടെ മുമ്പിൽ നമസ്കരിച്ച് നിൽക്കുന്നുലോകേരി കരോമീരുതം തന്ന ഭവപ്രലംബനം പദം തൃതീയം കുരുശീർണിമേ നിജം അവിടുത്തെ മൂന്നാമത്തെ പാദം എന്റെ ശിരസിൽ വയ്ക്കാൻ ശിരസ് കുനിച്ചു ഭഗവാൻ ശിരസിൽ പാദം വയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ആ ശിരസ് കുനിഞ്ഞാൽ പദം തൃതീയം കുരുശീർഷ്ണിമേ നിജം എന്താ ഈ വാമനാവതാരം എന്ന് വെച്ചാൽ വാമനൻ എന്ന് വെച്ചാൽ ഉള്ളിലുണ്ട് അക്ഷര പുരുഷനാണ് വാമനൻ ശ്രുതി തന്നെ ശരീരാന്തർഭാഗത്തിൽ എന്ന പോലെ അനുഭവപ്പെടുന്ന ഭഗവാനെ വാമനൻ എന്ന് വിളിക്കുന്നു മധ്യേ വാമനവാസീനം വിശ്വേദേവ ഉപാസതേ ആ വാമനന് മൂന്നടി മണ്ണ് കൊടുക്ക എന്നുവെച്ചാൽ ആ മൂന്നടി മണ്ണ് എന്താ നമ്മളുടെ അവസ്ഥാത്രയും സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം ഇത് രണ്ടും കൊടുത്താലും പോരാ അഹ ഞാൻ കൊടുത്തു എന്നുള്ള അഹങ്കാരം പിന്നെ ഉള്ളിലുണ്ടാവും ആ കാരണശരീരത്തിനെയാണ് തന്നെ കൊടുക്കണത് എന്നുള്ളത് നമ്മളുടെ വസ്തുക്കൾ കൊടുക്കാം വസ്തുക്കളൊക്കെ നമ്മളുടെയാണോ എൻ്റെ എന്ന് വിചാരിച്ചിട്ടല്ലേ കൊടുക്കുന്നത് എന്നെ തന്നെ കൊടുക്കണം തന്നെ തന്നെ കൊടുക്കണം പൊസഷൻസ് മാത്രം കൊടുത്താൽ പോരാ പൊസസ്സർ ഷുഡ് ബി ഗിവൺ ആ കൊടുക്കുന്ന ആൾ തന്നെ അർപ്പിക്കണം ആ തന്നെയും അർപ്പിച്ചു കഴിയുമ്പോൾ ത്രിവിക്രമ ദർശനമാണ് ത്രിവിക്രമ ദർശനം ഈ ഉള്ളിൽ മാത്രം നിൽക്കുന്ന വസ്തു സർവത്ര വ്യാപിച്ചു നിൽക്ക സർവവ്യാപിയായ അനുഭവം അങ്ങനെ ത്രിവിക്രമനായി ഭഗവാൻ മഹാബലിയെ അനുഗ്രഹം ചെയ്തു ബ്രഹ്മാവിനോട് ഭഗവാൻ പ്രഹ്ലാദൻ വന്ന് ഭഗവാനെ അവിടെ സ്തുതിച്ചു ഇന്ത്യാവലി സ്തുതിച്ചു ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ഹേ ബ്രഹ്മാവേ ഈ മഹാബലിയെ ഞാൻ ഉപദ്രവിക്കാണെന്ന് ധരിക്കരുത് ഇദ്ദേഹം മഹാത്മാവാണ് എനിക്ക് ആരോട് വളരെ ഇഷ്ടമുണ്ടോ അവരോട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക യെസ് അനുഗ്രഹം ഇച്ഛാമി തദ്വിഷോ വിഥുനോമ്യഹം ആരെ ഞാൻ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അവൻ ഏതേത് വസ്തുക്കളിൽ അഹങ്കാരമുണ്ടോ ഏതേത് വസ്തുക്കളിൽ അഭിമാനമുണ്ടോ ആ വസ്തുക്കൾ മുഴുവൻ അവൻ കാണാൻ ഞാൻ തച്ചുടയ്ക്കും എന്താണെന്ന് വെച്ചാൽ ആ വസ്തുക്കളിലുള്ള അഭിമാനം കാരണം അവൻ എന്നിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് പ്രിയം തോന്നുമ്പോൾ അവന് അഭിമാനമുള്ള വസ്തുക്കളൊക്കെ ഞാൻ പിടിച്ചു അവൻ അതിനൊന്നും ഒരു വിധത്തിലും പ്രതികാരി പ്രതികരിക്കാതെ അടങ്ങി തരികയാണെങ്കിൽ സർവസ്വം ഞാൻ കൊടുക്കും അവന് എന്നെ തന്നെ ഞാൻ അവന് കൊടുക്കും ഇതാണ് സമ്പ്രദായം ഇത്രയും പറഞ്ഞ് മഹാബലിക്ക് ഒരു അനുഗ്രഹം ചെയ്തു ഭഗവത്ഗീതയിലുള്ള യോഗക്ഷേമം വഹാമ്യഹം എന്ന ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പോലെയാണ് അനുഗ്രഹം ഇങ്ങനെ ഒരു ശ്ലോകം ഒരിടത്തും വേറെ ഒരിടത്തും കാണാൻ പറ്റൂ ഭഗവാൻ മഹാബലിക്ക് അനുഗ്രഹം ചെയ്യണത് രക്ഷിഷ്യേ സർവത്തോഹം ത്വാം സാനുഗം സപരിച്ഛതം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ മഹാബലിയെ ഹേ വീര എന്നാണ് വിളിക്കുന്നത് ഹേ വീര എന്താണെന്ന് വെച്ചാൽ വീരനെ ശരണാഗതി ചെയ്യുള്ളൂ ഹേ വീര രക്ഷിഷ്യേ സർവത്തോഹം ത്വാം തന്നെ ഞാൻ എല്ലാവിധത്തിലും രക്ഷിക്കും തന്നെ മാത്രമല്ല സാനുഗം തന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ രക്ഷിക്കും കൂടെ ഉള്ളവർ മാത്രമല്ല സപരിച്ഛതം എന്തൊക്കെ വസ്തുവകകളും ഒക്കെ രക്ഷിക്കും രക്ഷിക്കുന്ന വെച്ചാൽ എവിടെയെങ്കിൽ വൈകുണ്ഠത്തിലിരുന്ന് രക്ഷിക്കലല്ല സദാ സന്നിഹിതം കൂടെ നടന്നുകൊണ്ട് ഞാൻ രക്ഷിക്കും അത് മാത്രമല്ല തത്രമാം ദ്രക്ഷ്യതേ ഭഗവാൻ ഞാൻ കൂടെ നിൽക്കുന്നത് നീ കാണുകയും ചെയ്യും ഞാൻ കൂടെ നടക്കുന്നതും തന്നെ രക്ഷിക്കുന്നതും തൻ്റെ കൂടെ ഉള്ളതും താൻ കാണുകയും ഇതിനുമേൽ അനുഗ്രഹം വേണം അങ്ങനെ മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിച്ച് ശുക്രാചാര്യരോട് യജ്ഞത്തിന് സമ്പൂർത്തി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വാമനാവതാരം അതിനുശേഷം ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചു മത്സ്യാവതാരം ഒരു ഗുരു തത്വ ഗുരുതത്വമാണ് കൃതമാലാ നദിയിൽ ജലതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യവ്രതന്റെ മുമ്പിൽ കയ്യിൽ കൈക്കുമ്പിളിൽ ഭഗവാൻ കൊച്ചു മത്സ്യമായി വന്ന് വീണു ആ മത്സ്യത്തിനെ തൻ്റെ കമണ്ടല്ലിട്ടപ്പോൾ കമണ്ടല്ലെന്നറിഞ്ഞു വെള്ളത്തിലിടാൻ പോയാ മത്സ്യം പേടിച്ചു വീട്ടിൽ ആശ്രമത്തിൽ കൊണ്ടുപോയി തൊട്ടിയിലിട്ടാ തൊട്ടി നിറഞ്ഞു കുളത്തിൽ ഇട്ടാ കുളം നിറഞ്ഞു അവസാന സമുദ്രത്തിൽ കൊണ്ടാക്കി ഭീമാകാരമായിട്ട് നിൽക്കുന്നു മത്സ്യം അന്ന് ആരാണ് അവിടുന്ന് ആരാണ് നിശ്ചയമായിട്ടും ഭഗവാൻ ഹരി ഈ രൂപത്തിൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭഗവാൻ പറഞ്ഞു ഹേ സത്യവ്രത ഇന്നയ്ക്ക് ഏഴാമത്തെ ദിവസം സമുദ്രം പ്രളയം വരും പ്രളയം ഭൂമിയെ വിഴുങ്ങും ആ സമയം ഞാൻ വരും ഋഷികളൊക്കെ ഉണ്ടാവും ഒരു തോണി വരും ആ തോണിയിൽ കയറിക്കൊള്ളാം അടുത്ത കൽപ്പത്തിന് വേണ്ടതൊക്കെ ശേഖരിച്ചുകൊള്ളാം എന്റെ കൊമ്പില് തെറ്റയില് ഈ തോണിയെ കെട്ട കപ്പലിനെ കെട്ടുക അപ്പൊ എന്തൊക്കെ സംശയം ചോദിക്കണോ ചോദിച്ചോളൂ ഞാൻ അല്ല ഉത്തരം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു മറഞ്ഞുപോയി അതേപോലെ ഏഴാമത്തെ ദിവസം പ്രളയം വന്നു മത്സ്യം വന്നു ഒക്കെ ദർശനം ഇതൊരു മാജിക് ഷോ ശ്രീധരാചാര്യർ പറയുന്നത് ഇത് വാസ്തവത്തിലുള്ള പ്രളയവുമല്ല വാസ്തവത്തിലുള്ള മത്സ്യവുമല്ല പിന്നെ എന്തിനായി കാണിച്ചതെന്ന് വെച്ചാൽ എല്ലാം നശിക്കും എന്നൊരാൾ കണ്ടാൽ അയാൾക്ക് വൈരാഗ്യം വരും ആ വൈരാഗ്യം ഈ സത്യവ്രതനുണ്ടാക്കാൻ വേണ്ടി അകസ്മാത് പ്രളയം ഇവ ദർശയാമാസ പോലെ കാണിച്ചു അങ്ങനെ ഈ സത്യവ്രതന്റെ മുമ്പിലേക്ക് ഈ ഒരു ഇന്ദ്രജാല പ്രകടനം നടന്നു അതേപോലെ തന്നെ മത്സ്യരൂപിയിൽ ഭഗവാൻ വരുകയും സത്യവ്രതന്റെ സകല സംശയങ്ങളും ഹൃദയത്തിൽ നിന്ന് അകന്നു പോവുകയും ആത്മസാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്തു സത്യവർദ്ദൻ ഭഗവാനെ ഗുരുവായിട്ട് സ്തുതിക്കുന്നു അനദ്യ വിദ്യോപദദാത്മസംവിധത്തന്മൂല സംസാര പരിശ്രമാരാ യോപൃതമാനുയു വിമുക്തി പരമോ ഗുരുഭവാൻ ജനോ അബുധോയം നിജകർമ്മ വന്ദന സുഖേച്ഛയാ സമീഹത്തെ സുഖം യത്സേ താ വിധുനോതി അസന്മതിന്ഥിം സിന്ദിയ ഹൃദയം സനോ ഗുരു ഭഗവാനേ അവിടുന്ന് എനിക്ക് ഗുരുവാണ് എത്രയോ ജന്മങ്ങളായി അലഞ്ഞു നടന്ന് ഞാൻ അനാദികാലമായുള്ള അവിദ്യ ആ അവിദ്യ ആത്മസ്വരൂപത്തിനെ മറച്ചിരിക്കുന്നു എല്ലാവരുടെ ഉള്ളിലും ജ്ഞാനമുണ്ടെങ്കിലും ജ്ഞാനത്തിനെ അവിദ്യ അജ്ഞാനം മറച്ചിരിക്കുന്നു ആ അജ്ഞാനത്തിനെ നീക്കി എനിക്ക് ആത്മോപദേശം ചെയ്യാനായി മുക്തിക്ക് തക്ക ഒരു ഉപദേശം നൽകും ജനനം വറ്റിയിടുമെന്നവന് നാരായണായ നമ ഉപദേശം നൽകൽ മാത്രം മതിയെന്നാണ് ജനനം നീങ്ങൽ ഉപദേശ പരിപാലനം എന്ന് പോലും പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ഉപദേശം എന്ന് പറയുന്നത് വെറു വാക്കല്ല സദ്ഗുരുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് ശിഷ്യന്റെ മേലെ വീഴുന്ന അഗ്നിയാണ് ആ അഗ്നി വിഴുങ്ങിക്കളെ മുക്തിക്ക് തക്ക ഒരു ഉപദേശം നൽകും ജനനം നാരായണായ നമ അങ്ങനെ സദ്ഗുരുവായി വന്ന് ഭഗവാൻ അവിദ്യയെ നീക്കി മേഘം നീങ്ങുമ്പോൾ സൂര്യൻ പ്രകാശിക്കുന്ന പോലെ അകമയ്ക്ക് ആത്മതത്വം പ്രകാശിച്ചു അത്തരത്തിൽ ഭഗവാൻ തന്നെ ഗുരുവായിട്ട് വരണം മനുഷ്യൻ ഗുരുവാവാൻ പറ്റില്ല ഒരു മനുഷ്യനെ നമ്മൾ ഗുരു എന്ന് കരുതുകയാണെങ്കിലും ആ മനുഷ്യന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവത് തത്വത്തിനാണ് ഗുരുത്വം അല്ലാതെ ആ ശരീരത്തിനല്ല ശരീരത്തിനെ ഗുരു എന്ന് കരുതിയാൽ എല്ലാ ഗുരുവും മരിച്ചു പോകും ഏകനാഥസ്വാമി അസാമാന്യ ഗുരുഭക്തനായിരുന്നു ജനാർദ്ദനസ്വാമിയോട് വളരെ ഭക്തി അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളിലും ഏകാദനാർദ്ദനി എന്നാണ് മുദ്ര അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജനാർദ്ദനസ്വാമി സ്മരിച്ചു സമാധിയായി എന്ന് പറഞ്ഞ് എഴുത്തു വന്നു കൊണ്ടുവന്നു കൊടുത്തു അതിങ്ങോട്ട് വാങ്ങി അവിടെ നോക്കി വെച്ചിട്ട് അദ്ദേഹം ഭാഗവതം പ്രഭാഷണം ചെയ്യുക ഒരു വികാരവുമില്ല ആശ്ചര്യപ്പെട്ട ഭക്തന്മാർ ചോദിച്ചു സ്വാമി അങ്ങേ ഒരു ഗുരുഭക്തനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഓരോരിക്കലും ഗുരുവിനെക്കുറിച്ച് ജനാർദ്ദന സ്വാമിയെക്കുറിച്ച് പറഞ്ഞു ഉരുകിക്കൊണ്ടിരിക്കുന്ന അവിടുന്ന് ജനാർദ്ദന സ്വാമി മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് ഒരു ഗുരുക്കവും ഇല്ലാതിരിക്കണമല്ലോ അപ്പൊ സ്വാമി പറഞ്ഞു അത്രേ ഒരു ഗുരുവും അത് കേട്ട് കരയുന്ന ഒരു ശിഷ്യനും ആ ഗുരു ഗുരുവല്ല ഈ ശിഷ്യൻ ശിഷ്യനുമല്ല ഗുരു മരിച്ചു പോകുന്ന നിങ്ങൾ ഗുരുവും ധരിച്ചിരിക്കുന്നത് ആ ശരീരത്തിനെയാണ് ആ ശരീരം ഗുരുവല്ല ആത്മവസ്തുവാണ് ഗുരു ഈശ്വരോ ഗുരുരാത്മേയി മൂർത്തിഭേദ ഈശ്വരനും ഗുരുവും ആത്മാവും ഒരേ വസ്തു തന്നെ അതുകൊണ്ട് ഈ പുറത്തൊരു ശരീരത്തിന് ഗുരു എന്ന് കരുതിയാൽ ശിഷ്യന് അബദ്ധം പറ്റിപ്പോകും അജ്ഞാനിയായിട്ട് തന്നെ ഇരിക്കും ശിഷ്യൻ എപ്പോ ഗുരുവിന്റെ സ്വരൂപം യഥാർത്ഥത്തിൽ അറിയുന്നു അപ്പോൾ ശിഷ്യന് ജ്ഞാനിയായിരിക്കും അപ്പൊ തന്നെയാണ് ഗുരു അല്ലെങ്കിലോ അന്ധേനൈവ നീയമാന യഥാന്ത ഒരു കുരുടൻ ബാക്കിയുള്ള കുരുഡന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെ എല്ലാവരും കൂടെ കുഴിയിൽ ചെന്ന് വീഴും ഗർത്തത്തിൽ ചെന്ന് വീഴും അതുകൊണ്ട് ഹേ പ്രഭു അവിടുന്ന് എനിക്ക് വഴികാട്ടാനായിട്ട് എന്റെ ആചാര്യനായിട്ട് ഗുരുവായിട്ട് എന്റെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു അങ്ങനെ മത്സ്യാവതാരം ഇനി നവമസ്കന്ധത്തിൽ അംബരീഷ് ചരിത്രം രാമാവതാരം മുതലായിട്ടുള്ള ഒക്കെ കാണാം